അധ്യായം നാൽപ്പത്തി ആറ് അനന്തരം ഇസ്രയേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബർഷബയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രയേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോടു കൂടെ പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്നു മരുളി ചെയ്തു പിന്നെ യാക്കോബ് ബർഷെവിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രയേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ പറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്തുവച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിലെത്തി അവൻ തന്റെ പുത്രിമാരെയുംമാരെയും തന്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകൾ ആവിത് യാക്കോബും അവന്റെ പുത്രന്മാരും യാക്കോബിന്റെ ആദ്യ ജാതനായ രൂപൻ രൂപന്റെ പുത്രന്മാർ പല്ലു ഹെറോൻ കർമി ഷിമയോന്റെ പുത്രന്മാർ യമുവെൽ യാമിൻ ഓഹത് യാഖീൻ സോഹന്യകാരുത്തിയുടെ മകനായ ഷൌൽ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കഹാത് മെരാരി യഹൂദയുടെ പുത്രന്മാർ യേർ ഓനാൻ ഷേല പേരസ് സേര എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി പേരസിന്റെ പുത്രന്മാർ ഹെസറോൻ ഹാമൂൻ ഇസാഖാരന്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിംറോൻ ഷബുലുന്റെ പുത്രന്മാർ സേരത് എലോൻ യഹ്ലയെ ഇവർ ലേയയുടെ പുത്രന്മാർ അവൾ അവരെയും യാഹൂബിന്റെ മകളായ ദീനയെയും അവനെ പദ്നരാമിൽ വെച്ച് പ്രസവിച്ചു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേർ ആയിരുന്നു ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ ഹഗ്ഗി ശൂനി എസ്ബോൻ ഏരി അരൂദി അരേലി ആശേരിന്റെ പുത്രന്മാർ ഇംന ഇശ്വ ഇശ്വി ഇവരുടെ സഹോദരി സേരഹ് ബെരിയാവിന്റെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ഇവർ ലാബാൻ തന്റെ മകളായ ലേയയ്ക്ക് കൊടുത്ത ശിൽപയുടെ പുത്രന്മാർ അവൾ ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കൂബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസഫ് ബെന്യാമീൻ യോസെഫിന് മിസ്രൈം ദേശത്ത് മനഷിയും യഫൈമും ജനിച്ചു അവരെ ഓന്നിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസനത്ത് അവന് പ്രസവിച്ചു ബെന്യാമീന്റെ പുത്രന്മാർ ബേല ബേഖർ അഷ്ബൽ ഗേര നമാൻ യേഹി രോഷ് മുപ്പീം കുപ്പീം ആ ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടെ പതിനാലു പേർ ദാന്റെ പുത്രന്മാർ ഹുഷീം നപ്താലിയുടെ പുത്രന്മാർ യഹസേൽ ഗൂനി യേസർ ഷില്ലേൻ ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ിൽഹയുടെ പുത്രന്മാർ അവൾ യാക്കോവിന് ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്തുനിന്ന് ജനിച്ചവരായി അവനോടു കൂടെ മിസ്രീമിൽ വന്നവർ ആകെ അറുപത്താറ് യോസെഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ രണ്ടുപേർ മിസ്രയിമിൽ വന്നവരായ യാക്കോവിന്റെ കുടുംബം എന്നാൽ ഗോശനിലേക്ക് യോസെഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവന്റെ അടുക്കൽ മുമ്പിട്ടയച്ചു ഇങ്ങനെ അവർ ഗോശൻ ദേശത്ത് എത്തി രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രയേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രയേൽ യോസഫിനോട് നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്നു പറഞ്ഞു പിന്നെ യോസെഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് അറവോനോട് കനാൻ ദേശത്തുനിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് അറിയിക്കും അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് പറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നുവെന്ന് പറവി എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം മിശ്രിമർക്ക് വെറുപ്പല്ലോ